ശാത്തപാവനമചിന്യ വൈഭവം തന്നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക് ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരം ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതീ മൂർത്തിഭേദവിഭാഗിനീ വ്യോമവ്യാതേ ദക്ഷിണമുക്തേ നമ യന്തധ്യം നി കരചരണം നമഗോത്രം നൂത്രം നോജാതി വർണ്ണവതി പുരുഷോ നസം നീ നൈവാരം നി ജനിമരണം നാസ്തി പുണ്യം നാപം തം നോ തഹജ സമരസം സദ്ഗുരു തം നമു സദാശിവസമാരംഭാര്യമധ്യമാ അസ്മദാചാര്യപര്യ വേ ഗുരുപരം പരാവ്യാഖ്യകട്രഹ്മം യുവാന വർഷിഷ്ടേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകളിതിന്മുദ്രമാനന്ദമൂർത്തി स्वात्मारामं मुदितवदनं मूर्तिमीडे यतये സ്വാത്മാമുദനം ദക്ഷിമൂർത്തിമീഡേ വേദന്വിസകാതയേ ശാത്തവാദിന്ദ്രസംഘപവേ യോഗേന്ദ്രവ്യ മോഹധ്വാതരാ ഭഗവത്പാദിത ബിഭ്രേ തസ്മൈ ഭാഷ്യമോസ്തു സൂർണ്യ ബോധാത്മനേ അപാരസിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ്ത ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്വിഹീന ഹൃദയ ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധിർന്നോ ഹം തുക്തിസമയേ സിദ്ധാത്മസദ്ഭാവത്തോഹം ഭാവയു കു വരധിയത്മനിഷ്ടാത്മന സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവർണോ വിഭാതി സ്വയം കരുണപൂർണുധാബ്ധേ കവളിതഘനവിശ്വ किरणवल्याणाचल पर चिंतसु विसाचल भूवा स्थित प्रलीन में तिद्र हृद्यहमत्मतया नृत्योस्ते वदंती हृदय नाम अहमति कृत आयातीन्व्यायामलियाया അവഗമ്യ സ്വം ൂപ്പം ശാമ്യ രുണാ ചല ത്യി നദീവാബ്ധുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രം ഹ്യഹമിത് സാക്ഷാത്മ ൂപേണ ഭാതി ഹൃദിവിഷമനസാ സ്വൺവത പവന ചലന രുത്ഥാത്മനിഷ്ടോഭവ ശോണപ്രഭം സോമകലാവതംസം പാണിസ്ഫുരത് പഞ്ചസരേക്ഷുചാ പ്രാണപ്രി നൗമി പിണേ കോണത്രയസ് കൂലദൈവഹം നമുയാമീനലേഖാലുന്തളാ ഭസണസുധാനദീം ചൂടോത്തംസിത ച്രചാരുക്കലി ചഞ്ജക്ഷി കാസ്വരോ ലീലാദഗ്ധവിലോല കാമശലഭ്രേയോദാഗ്രേ സ്ഫുരൻ അന്തസ്ഫൂർജദ് അപാരമോഹതിരപ്രാഗ്ഭാരമുച്ചാടയൻ ചേട്ട സദ്മനിഗി വിജയത്തെ ജാനപ്രദീപോഹര ോജവദുജേസ്കും സിധി സിധി കാരക ചന്ദ്രസമാനക്കാതിവദിരാജസ്തു മൂക്കാമപ്പുറത്ത സുരധു നീക്കാശവാൈഭവം श्री कांची नगरी विहार चीनगर विहाररसिका शोकावह सता पुण्यपर परशुपते आकारिणी राज्य ममवाच मं प्रसुप्ता सजीवयतरस्वधाना हस्चरणश्रवणादी പ്രാണന്നമോ ഭഗവത്തെ പുരുഷാ യുഭ്യം ധ്യേയ സദാ പരിഭവഗ്രമഭീഷ്ടോഹം തീർസ്പദം ശിവവിരിഞ്ജിരുതും ശരണ്യം ഭൃത്യാർത്തിഹം പ്രണതപാഭഭവാബ്ധിപോതം വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദുസ്ഥരെസിതരാജ്യലക്ഷ്മ ധർ ആര്യവചസാദരണ്യം മായാമൃഗം ദൈതയേപ്സിതമന്വധാവത് വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം ഹരി ഓശങ്കരഭവത്പാദ ശങ്കരാചാര്യസ്വാമികൾ മൂന്ന് വിധത്തിലുള്ള ഗ്രന്ഥങ്ങള് എഴുതിയിട്ടുണ്ട് ഒന്ന് ഉപനിഷത്തുകൾക്കും ബ്രഹ്മസൂത്രങ്ങൾക്കും ഭഗവത്ഗീതയ്ക്കും സനത് സുജാതീയത്തിനും മറ്റുമൊക്കെ ഉള്ള വ്യാഖ്യാനം അതിന് ഭാഷ്യം എന്ന് പറയും അത് പണ്ഡിതന്മാരായിട്ടുള്ളവർക്ക് നല്ലവണ്ണം ശാസ്ത്രജ്ഞാനമുള്ളവർക്ക് വിചാരം ചെയ്യാനും പഠിച്ച് തെളിവ് വരുത്താനുമായിട്ടുള്ളത് ഭാഷ്യങ്ങൾ രണ്ട് സ്വതന്ത്രമായിട്ടുള്ള പ്രകരണ ഗ്രന്ഥങ്ങൾ ഭാഷ്യത്തിലെ അർത്ഥം തന്നെ വേദാന്ത സാരം കടഞ്ഞെടുത്ത് സ്വന്തം വാക്കല് പറയാ ഭാഷ്യത്തിൽ എവിടെയും ഞാൻ പറയുന്നു എന്റെ അനുഭവം എന്നൊന്നും ഒരിടത്തും കാണില്ല ഭാഷ്യത്തിലൊക്കെ ഉപനിഷത്ത് നിരൂപണം ഉപനിഷത്തുകൾ ഇങ്ങനെ പറയാം വേദം ഇങ്ങനെ പറയാം പ്രകരണ ഗ്രന്ഥങ്ങളിലും ആചാര്യസ്വാമികൾ ഒരിടത്തും തന്നെ പരാമർശിക്കുന്നില്ല എങ്കിലും അപൂർവമൊക്കെ ഏഷാ മനീഷാ മമാ ഇത് എന്റെ ഉറച്ച തീരുമാനമാണ് എനിക്ക് ഉറപ്പായിട്ടുള്ള അനുഭവമാണെന്നൊക്കെ പ്രകരണ ഗ്രന്ഥങ്ങളിൽ കാണും പ്രകരണ ഗ്രന്ഥങ്ങൾ വേദാന്ത ശാസ്ത്രം എന്നുവച്ചാൽ ആത്മജ്ഞാനത്തിനുള്ള മാർഗം കാണിക്കാനായിട്ട് വിവേക ആത്മബോധം ഉപദേശ സാഹസ്രി ഇങ്ങനെ അനേക ഗ്രന്ഥങ്ങള് പ്രകരണഗ്രന്ഥം ഇത് നോക്ക് പ്രകരണ ഗ്രന്ഥം എന്ന് പറയാം എന്നുവെച്ചാൽ എളുപ്പമാണ് നമുക്ക് വേദാന്തം മനസ്സിലാവാനായി പടിപടി പടി പടിയായി മാർഗം കാണിച്ചു കൊണ്ടുപോണത് പ്രകരണ ഗ്രന്ഥം ഇതല്ലാതെ അനേകം സ്തോത്രങ്ങൾ സ്തോത്രങ്ങൾ ഒരു വിനായക ഗണപതി സ്തോത്രം മുതൽ കൊണ്ട് ദക്ഷിണാമൂർത്തി സ്തോത്രം വരെ നൂറ് ശ്ലോകങ്ങൾ അടങ്ങുന്ന സൗന്ദര്യ ലഹരി ശിവാനന്ദലഹരി മുതലായിട്ടുള്ള സ്തോത്ര ഗ്രന്ഥങ്ങൾ ആ സ്ത്രോത്ര ഗ്രന്ഥങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സ്തോത്ര ഗ്രന്ഥങ്ങളുടെയും സ്വഭാവം നമ്മൾ വിചാരം ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള സ്തോത്ര ഗ്രന്ഥങ്ങളിൽ ശിവാനന്ദലഹരി ഭക്തി രസം നിറഞ്ഞു നിൽക്കുന്ന ഒരു നൂറ് ശ്ലോകങ്ങൾ ഭക്തിയാണ് ഭാഷ ഭക്തിയാണ് വിഷയം വാക്കുകളും ഭക്തിയിലും ഒക്കെ അനുഭൂതി രസം തുളുമ്പുന്ന വാക്കുകൾ ശിവഭക്തി രസം അങ്ങനെ നിറഞ്ഞു തുളുമ്പം അത് മല്ലികാർജ്ജുന ക്ഷേത്രത്തില് ആന്ധ്രാപ്രദേശില് ശ്രീശൈലം ശ്രീശൈലത്തില് എഴുതിയതാണ് ശിവാനന്ദലഹരി അതിന് ശിവാനന്ദലഹരിയിൽ തന്നെ ആചാര്യസ്വാമികൾ ശ്രീ മല്ലികാർജ്ജുന മഹാലിംഗം ശിവാലിംഗിതം എന്ന് ഒരിടത്ത് പറയുന്നു മറ്റൊരു സ്ഥലത്ത് മല്ലികാർജ്ജുന ശിവനെ ഉദ്ദേശിച്ച് ശ്രീശൈലവാസി വിഭുഹു അതേപോലെ സൗന്ദര്യ സൗന്ദര്യലഹരി കൂടുതൽ പ്രചാരത്തിലുണ്ട് ശിവാനന്ദ ലഹരിയെക്കാളും കൂടുതൽ സ്ത്രീകളൊക്കെ ധാരാളം രാഗത്തിലിട്ട് പാടി പഠിച്ച് സൌന്ദര്യ ലഹരി പ്രചരിപ്പിക്കണുണ്ട് പക്ഷെ സൗന്ദര്യ ലഹരിയെക്കാളും എത്രയോ അധികം നമുക്ക് മനസ്സിലാവുന്നതും ലളിതവും സുലഭവും ഭക്തിയുമാണ് ശിവാനന്ദലഹരി സൗന്ദര്യ ലഹരി വളരെ ആഴമാണ് തന്ത്രശാസ്ത്രമാണ് സാധാരണ ആളുകൾക്ക് പലതും പ്രയോജനപ്പെടുകയില്ല सौंदर्यलह पढ़ा पाट अदंद आचार्य स्वामी देवीपर ग्रंथम अद नूर श्लोक अदल आनंदलहरी नाप्त श्लोको देवीपरू कृति इत कल श्रीराम भुजंग प्रयाद स्तोत्र अमुख श्रीशंकर कविताचा शब्दमाधुर्य ശിവാനന്ദലഹരിയിലും അതെ ശബ്ദമാധുര്യം പല വാക്കുകളും നമുക്ക് അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ ശിവാനന്ദലഹരി ചൊല്ലുമ്പോ തന്നെ അതിന്റെ രുചി അങ്ങനെ നമുക്കൂറി വരും ത്രയീവേദ്യം ഹൃദ്യം ത്രിപുരഹരമാദ്യം ത്രിനയം ജടാഭാരോദാരം ത്രിപുരഹര ചിതാളംബം സാമ്പം ശിവം അതിവിടംബം ഹൃദി ഭജേ പ്രാസത്തോടുകൂടെ എന്നുവെച്ചാൽ പ്രാസം വരുത്താൻ വേണ്ടിയുള്ള പ്രാസവമല്ല Suramuni സുരമുനിസ്വാൻ Swacham സ്വച്ഛം സദ്വിജ സേവിതം കലുഷഹൃത്സദ്വാസാനവിഷ്കൃതം ോവരം ഹംസാവതം സിരം ക്ഷുദ്രാശ്രയ പൽവല ഭ്രമണ സഞ്ജാതശ്രമം പ്രാപ്ശ്യസി ഇതിലൊക്കെ ശബ്ദമാധുര്യവും ഭക്തിയും രാമഭുജംഗ പ്രയാത സ്ത്രോത്രം നോക്കിയാലും ശബ്ദമാധുര്യം ആഞ്ജനേയസ്വാമികൾ ഹനുമാൻ രാമനാമം ജവിക്കുന്നു എന്നൊരു ശ്ലോകം നൽകണം സദാ രാമരാമേതി നാമാമൃതം തേ സദാ രാമ ആനന്ദ നിഷ്യന്തം പിബന്തം നമന്തം സുതന്തം ഹസന്തം ഹനുമന്തർ നിതാന്തം ആ രാമനാമം ജപിക്കുന്നു ജപിക്കുന്ന ഹനുമാനെ ചിത്രീകരിക്കുമ്പോ തന്നെ രാമനാമം അതിൽ ധാരാളം വന്നുപോയി അത് പറഞ്ഞിട്ട് തൃപ്തിയാവാത്ത പോലെ അതേ വാക്കുകൾ വെച്ചുകൊണ്ട് അടുത്തൊരു ശ്ലോകം സദാ രാമ രാമേതി ാമാമൃതം തേ സദാ രാമമാനന്ദ നിശ്യന്തകന്ദം പിന്വഹം നന്വഹം നൈവ മൃത്യോർമി പ്രസാദ പ്രഭാവിൻ ഇതൊക്കെ ഭക്തിരസം എന്നാലോ ആചാര്യസ്വാമികൾ അതോടെ വിടില്ല തനിക്ക് പറയാനുള്ളത് അവിടെ അവിടെ പറഞ്ഞുവയ്ക്കാതെ ഒന്നും പറയില്ല അതുകൊണ്ട് രാമഭുജംഗപ്രയാസം തുടങ്ങുമ്പോഴേ വിശുദ്ധം പരം സച്ചിദാനന്ദരൂപം ഗുണാധാരം ആധാരഹീനം സുമാന്യം മഹാന്തം വിഭാതം ഗുഹാന്തം ഗുണാതം സുഖാതം സ്വയം ധാമ രാമം പ്രപദ്ധ്യേ അങ്ങനെ വേദാന്ത മഹാവാക്യലക്ഷണങ്ങൾ ബ്രഹ്മവിദ്യ ആത്മതത്വം രാമഭുജംഗപ്രയാഗസ്തോത്രത്തിൽ വെച്ചു ശിവാനന്ദലഹരിയിലാണ് കുറവ് ശിവാനന്ദലഹരിയിലാണ് വേദാന്ത വിഷയങ്ങൾ കുറവ് എന്നാലും പറഞ്ഞു തൃപ്തി വരാതെ വേദാന്ത ഉപവനേ വിഹാരസികം തം നീലകണ്ഠം ഭജേ വേദാന്തമാവുന്ന ഉപവനത്തിൽ പൂന്തോട്ടത്തിൽ ചുറ്റിപ്പാറി നടക്കുന്ന ആ മയിലിന് നമസ്കാരം നീലകണ്ഠം എന്ന് വെച്ചാൽ മയിൽ എന്നൊരർത്ഥം നീലകണ്ഠം എന്ന് വെച്ചാൽ പരമേശ്വരൻ എന്നൊരർത്ഥം വേദാന്തോപവനേ വിഹാരരസികം തം നീലകണ്ഠം ഭജേ ഇനിയിപ്പോ ആ സ്തോത്ര ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം പക്ഷേ ബ്രഹ്മസൂത്ര ഭാഷ്യം മനസ്സിലാക്കാം ഉപനിഷത്ത് ഭാഷ്യം പഠിച്ച അർത്ഥം മനസ്സിലാക്കാം ഭഗവത്ഗീത മനസ്സിലാക്കാം ശിവാനന്ദലഹരി മുതലായിട്ടുള്ളതും പ്രകരണ ഗ്രന്ഥങ്ങളും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളവർ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ വന്നാൽ താല് വീഴും പറയാൻ പോയാൽ സ്തോത്രമാണ് ആ പത്ത് ശ്ലോകങ്ങൾ ദക്ഷിണാമൂർത്തി സ്തോത്രം സ്തോത്രമാണ് പേര് പക്ഷേ ദക്ഷിണാമൂർത്തിമീടെ എന്ന് പറയുന്നത് ഒഴിച്ചാല് ബാക്കിയൊക്കെ അതീവ ഘനമായിട്ടുള്ള വേദാന്ത വിചാരം വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്ന് ആത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാം യക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തേ നമയിദം ദക്ഷിണാമൂർത്തി സ്ത്രോത്രം പ്രകരണഗ്രന്ഥവുമാണ് സ്ത്രോത്രഗ്രന്ഥവുമാണ് സ്ത്രോത്രഗ്രന്ഥം മാത്രമായിട്ട് നിർത്താൻ പറ്റില്ല അത് സ്ത്രോത്രഗ്രന്ഥവുമാണ് വളരെ പ്രഫൗണ്ടായിട്ടുള്ള ഒരു കൃതിയാണ് വളരെ ആഴമേറിയ ഒരു ഗ്രന്ഥമാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം എന്നാലും സ്തോത്രം എന്നു പേര് അതുകൊണ്ട് സുരേശ്വരാചാര്യർ ശ്രീശങ്കരാചാര്യരുടെ ശിഷ്യന്മാരിൽ നാല് ശിഷ്യന്മാരിൽ പ്രധാനിയായിട്ടുള്ള ശ്രീ സുരേശ്വരാചാര്യർ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് വാർത്തികം എന്ന പേരിൽ വ്യാഖ്യാനം എഴുതി വെച്ചാൽ ഇത് മനസ്സിലാവുന്നില്ല ആളുകൾക്ക് വിഷമം ഉണ്ടാവുന്നു എന്നുള്ളതുകൊണ്ട് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് വാർത്തികമെഴുതി അപ്പൊ അതും സ്തോത്ര ഗ്രന്ഥമാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം പത്ത് ശ്ലോകങ്ങളിൽ ദക്ഷിണാമൂർത്തിയെ നമസ്കരിക്കുന്നതോടൊപ്പം അതിന്റെ ഉള്ളിലെ ബ്രഹ്മവിദ്യയെ നിറച്ചു വെച്ചു ആത്മതത്വം നിറച്ചു വെച്ചു എന്തിനാ ആദ്യമൊക്കെ കാണാതെ പഠിക്കുക പഠനാത്ത് ശ്രവണാത്ത് ധ്യാനാത്ത് എന്ന് ഫലശ്രുതിയും പറഞ്ഞു ആദ്യമൊക്കെ പഠിച്ച് കാണാതെ പഠിച്ച് ചൊല്ലി ചൊല്ലി ചൊല്ലി ചൊല്ലി എപ്പോഴെങ്കിലുമൊക്കെ അതിനുള്ളൊരു പക്വത വരുമ്പോൾ ഒരു മനനം ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് അത് സ്തോത്രത്തിൽ ഉപനിഷങ്ങൾ മുഴുവൻ അതിനകത്ത് കയറ്റിവെച്ചു സ്തോത്രത്തിന്റെ രീതിയിൽ അതിനകത്ത് ബ്രഹ്മവിദ്യയെ വേദാന്തശാസ്ത്രത്തിന് മുഴുവനും ആ ദക്ഷിണാമൂർത്തി സ്തോത്രം പത്ത് ശ്ലോകങ്ങളിൽ അടക്കി വെച്ചു ആചാര്യസ്വാമി In the な pattern, as used by Manishabhan so in this application, ph brands are extremely high stage. There are always names. There is a personal copy of the毎 ഏതായാലും മലയാളം പോലെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ സംസ്കൃതത്തില് തന്നെ മലയാളം പോലെ ലളിതമായിട്ട് ആചാര്യസ്വാമികൾ എഴുതിയ ഒരു ഗ്രന്ഥമാണ് ഭജഗോവിന്ദം എന്നുവെച്ചാൽ നല്ലവണ്ണം മലയാളം ഇന്നത്തെ കാലത്തെ സ്കൂൾ മലയാളമോ റേഡിയോ സ്റ്റേഷൻ മലയാളമോ ഒന്നും പോരാ പേപ്പർ ന്യൂസ് മലയാളം ഒന്നും പോരാ നമുക്ക് ഇന്നത്തെ മലയാളമൊക്കെ ഭാഷയൊക്കെ തലകീഴായിട്ടുള്ള ഭാഷയാണ് അപ്പൊ ഇന്നത്തെ മലയാളം എന്ന് നമുക്ക് പറഞ്ഞാൽ പോരാ ശുദ്ധമായിട്ട് പഴയ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഭജഗോവിന്ദം മനസ്സിലാവും സംസ്കൃതം ഒന്നും വേണ്ട സംസ്കൃതം ദേവനാഗരി അറിയാത്ത ആളുകളാണെങ്കിൽ മലയാളം അറിയുന്നവർക്ക് പോലും മനസ്സിലാവുന്ന ഭാഷ ഈ ഭജഗോവിന്ദത്തിന് സർവ എന്ന് പറയുന്ന ഒരു സ്വാമി കമൻട്രി വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് സ്വയം പ്രകാശയതി ഭജഗോവിന്ദത്തിന് ഒരു സ്തോത്ര ഗ്രന്ഥം എന്ന് പറഞ്ഞില്ല അതൊരു പ്രകരണ ഗ്രന്ഥം പക്ഷേ വൈരാഗ്യ പ്രകരണ ഗ്രന്ഥം സാധാരണ ആത്മവിദ്യയെ പറയുന്നതാണ് ആത്മജ്ഞാനത്തിന് രണ്ടു വിധത്തിലുള്ള ആളുകളാണ് ലോകത്തിലെ ഒന്ന് വ്യാകുല ഒന്ന് അവ്യാകുല ചിത്തന്മാർ എന്ന് വെച്ചാൽ മനസ്സിൽ അനേക വിധത്തിലുള്ള ഭാവനകളുള്ളവര് അവർക്ക് എളുപ്പത്തിലൊന്നും ശ്രവിക്കാൻ സാധ്യമല്ല വേദാന്തം കേട്ടാ മനസ്സിലാവില്ല വേദാന്തം കേട്ടാ തെളിയില്ല ഈ വ്യാകുലചിത്തന്മാരായിട്ടുള്ളവർക്ക് മനസ്സ് പല വിഷയങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ആത്മതത്വം ഉപദേശിച്ചാൽ കേൾക്കാനേ സാധ്യമല്ല എന്താന്ന് വെച്ചാൽ കേൾക്കാൻ എന്ന് പറഞ്ഞിരിക്കും മനസ്സിങ്ങനെ ടൂറടിച്ചുകൊണ്ടിരിക്കും അലഞ്ഞു നടന്നുകൊണ്ടിരിക്കും ശ്രവണം പോലും സാധ്യമല്ല ചെവിയിൽ പോലും കിടക്കില്ല എന്നിട്ടുവേണ്ടേ ഹൃദയത്തിൽ എത്തിച്ചേരാൻ അപ്പോ അവ്യാകുലചിത്തന്മാരാര അവർക്ക് മനസ്സൊക്കെ അടങ്ങി നല്ല ശാന്തമായി സദാചാര നിഷ്ഠയുണ്ട് ചെയ്യുന്നു സന്ധ്യാവന്തനാദികൾ ചെയ്യുന്നു അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു ശരീരത്തിന് നല്ല ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞു മനസ്സ് ഏതോ ഇഷ്ടദേവതയിൽ ഉറച്ചു കഴിഞ്ഞ് ഏകാഗ്രപ്പെട്ടു കഴിഞ്ഞു പല വഴിക്ക് മനസ്സ് അലഞ്ഞു നടക്കണില്ല എന്നുള്ള ഒരു സ്ഥിതിയിൽ വന്ന ആളുകളാണെങ്കിൽ അവരവ്യാകുല ചിത്തന്മാരാണ് അവർക്ക് ഡയറക്റ്റായിട്ട് തന്നെ ബ്രഹ്മവിദ്യ ഉപദേശിച്ചാൽ പിടികിട്ടും കർപ്പൂരം പോലെ മൂന്ന് വിധത്തിലാണ് വേദാന്ത ശ്രവണം ചെയ്യുന്നവരെന്നാണ് കർപ്പൂരം പോലെ കുറച്ചുപേർ കർപ്പൂരം പോലെ ഉള്ളവർ കൊളുത്തുമ്പോഴേക്കും പിടിച്ച് കർപ്പൂരം എങ്ങനെയാ അല്ലേ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുമ്പോ പഴം കൊണ്ടുപോയാൽ നാലെണ്ണം കൊണ്ടുപോയാൽ രണ്ടെണ്ണം മടങ്ങി വരും പൈസ കൊണ്ടുപോയാൽ ഉണ്ടിയെല്ലാം അങ്ങനെ തന്നെ ഇരിക്കും ചന്ദനത്തിരി കത്തി കഴിഞ്ഞാലും ചിലപ്പോ കുറച്ച് തിരി കത്തിച്ചിട്ട് മടങ്ങി വരും അത് ചിലപ്പോ അവിടെ കിടക്കും കുറച്ച് കത്തിയിട്ട് അവിടെ നിൽക്കും എന്നാലും ആ കോലൊക്കെ ബാക്കി നിൽക്കും അമ്പലത്തിൽ കൊണ്ടുപോയാൽ തിരിഞ്ഞു വരാത്ത ഒരു സാധനം അവിടെയും ബാക്കി നിൽക്കില്ലേ തിരിച്ചും വരില്ല അത് കർപ്പൂരം അത് ബാക്കിയില്ലാതെ കത്തി പോകുന്നത് അവശേഷിക്കാതെ ആ അവശേഷിക്കാതെ അപ്രത്യക്ഷമാവുന്നതിന് പേരാണ് നിർവാണം അവശേഷിക്കാതെ അല്പം പോലും ശേഷിക്കാതെ അപ്രത്യക്ഷമാവുന്ന കർപ്പൂരം പോലെ ശ്രവണമാത്രത്തിൽ ആത്മപ്രതിപത്യുണ്ടായി സാക്ഷാത്കാരമുണ്ടായി മനസ്സ് ആത്മാവിൽ നിശ്ചലമായി നിൽക്കുന്ന യോഗ്യതയുള്ള ആളുകൾ ഒരേ സഹൃത് ശ്രവണമാത്രേണ് ഒരേ ഒരു പ്രാവശ്യമാണ് അസഹത് ശ്രവണമല്ല ഒരേ ഒരു പ്രാവശ്യം കേൾക്കുമ്പോഴേക്കും പിടികിട്ടിയെന്നാണ് അതാണ് ഭാഗവതത്തില് ശുശ്രൂഷുഭിസ്തക്ഷണാത് എന്ന് പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും ആ ക്ഷണം മുതൽ കൊണ്ട് വസ്തുശിവതം പരമമംഗളത്തിനെ ചെയ്യുന്നതും ശാന്തിയെ തരുന്നതും പരിപൂർണ തൃപ്തിയെ തരുന്നതുമായ ഭഗവത് തത്വം കേൾക്കുമ്പോഴേക്ക് ഹൃദയത്തിൽ പ്രകാശിക്കും അത് വളരെ പക്വമായ കർപ്പൂരം പോലെ രണ്ടാമത്തെ കാറ്റഗറി ആരാ വിറകുപോലെ അതെ അത് പിടിക്കും പിടിക്കണമെങ്കിൽ കുറെ നേരം ഊതി ഊതി ഊതി ഊതി ഊതി ഊതി ഊതി പിടിക്കും അത് നനഞ്ഞിട്ടുള്ള വരകാണെങ്കിൽ കീട്ട് വേണം തീയിൽ വയ്ക്കാൻ അത് പിടിക്കും വേറെ ചില വസ്തുക്കളുണ്ട് പിടിക്കുകയേ ഇല്ല അല്ലേ വാഴപ്പിടി ഉണ്ണിപ്പിടി പിടിക്കുകയേ ഇല്ല അതുപോലെ വല്ല സാധനങ്ങൾ വെച്ച് തീയിൽ വെച്ച് പിടിപ്പിക്കാൻ സാധ്യമല്ല അപ്പോ മൂന്ന് തരത്തിലുള്ളവരാണ് ഇതിന് വിറക് പോലെയുള്ള ആളുകളാണ് അധികവും സത്സംഗത്തിൽ വരുന്നവർ ആഴപ്പിണ്ടി പോലെയുള്ളവർ ഈ വഴിക്കൊന്നും വരില്ല അതുകൊണ്ട് അവരെക്കുറിച്ച് നമുക്ക് പ്രശ്നമില്ല സത്സംഗത്തിൽ സാധാരണ വരുന്നവർ അധികവും വ്യാകുല വളരെ കുറച്ചു പേര് വിരലിലുണ്ടാവുന്നവർ കേൾക്കുമ്പോഴേക്കും ആ സ്ഥിതിയിൽ നിൽക്കുന്നവരുണ്ടാവാം പക്ഷെ അധികവും മനസ്സ് ചപലമായതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് കേട്ടാലും ശ്രവണായാപി ബഹുബിറിയോണ ലഭ്യ ശൃൺവന്തോപി ബഹവോ എം കേട്ടാലും ശരിക്കങ്ങ തെളിയില്ല എന്നാണ് എല്ലാരും കേൾക്കുന്നത് രണ്ട് ചെവി കൊണ്ട് തന്നെയാ പറയുന്ന ആചാര്യനും ഒരേ വായ കൊണ്ട് തന്നെയാ പറയുന്നത് ഒരേ ശബ്ദം പക്ഷേ പ്രതിപത്തി എന്താ ഈ ആത്മവസ്തു എന്ന് തെളിയില്ല ആത്മാവ് എന്ന് കേൾക്കുന്നുണ്ട് ദേഹം മനസ്സ് ബുദ്ധി ഇതൊന്നും ഞാനല്ല ഞാൻ എന്നുള്ളത് ഇതൊക്കെ തള്ളി മാറ്റിയാൽ പ്രകാശിക്കുന്നതാണെന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്നാലും അതങ്ങട്ട് തെളിയാത്ത ഒരു സ്ഥിതി എന്താ സമൂഹുണത്തിന്റെ മറേണ്ട അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ് തടസ്സം തടസ്സം എന്താ ലോകത്തിലുള്ള പല വസ്തുക്കളിലുള്ള മറ്റ് ആസക്തി അതങ്ങട് വിട്ടുപോയാലേ ഇതങ്ങട് തെളിയുള്ളൂ അത് എപ്പോ വിട്ടുപോകും വൈരാഗ്യം വരണം അല്ലെ കുറച്ച് കുറച്ച് വൈരാഗ്യം വരണം വൈരാഗ്യം വരണമെങ്കിൽ പുറത്തു നിന്ന് അടിക്കുകയും വേണം അകത്തു നിന്ന് വലിക്കുകയും വേണം രമണ മഹർഷി ഒരു കൃതിയിൽ പറയുന്നു അറിവനും കഷയാൽ അടിത്ത് അകമുഖ കയറ്റാൽ ഈർത്ത് അറിവനും കഷയാൽ അടിത്ത് അകമുഖ കയറ്റാൽ ഈർത്ത് അറിവാകുന്ന കയറുകൊണ്ട് ചാട്ടവാറുകൊണ്ട് ചാട്ട കൊണ്ട് അടിക്കുക പുറമേ അകത്തു നിന്നും അന്തർമുഖം ധ്യാനം എന്ന് പറയുന്ന കയറുകൊണ്ട് കെട്ടി വലിക്കുക എന്നാണ് ഹൃദയത്തിലേക്ക് പുറമേക്ക് വൈരാഗ്യം അകമേക്ക് ഭക്തി ഭക്തി അധികമാകും തോറും മറ്റുള്ളത് വിട്ടുപോകും വൈരാഗ്യം അധികമാകും തോറും ഭക്തി പ്രബലമാവും അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ഭക്തിമാതാവ് നാരദ മഹർഷിയോട് പറയുന്നത് ഈ വൈരാഗ്യത്തിനെയും ജ്ഞാനത്തിനെയും ഒന്ന് എഴുന്നേൽപ്പിച്ചു തരാം അല്ലെങ്കിൽ എന്താ ഭക്തിക്ക് മുന്നോട്ട് പോവാൻ വയ്യ ഈ വൈരാഗ്യവും ജ്ഞാനവും കൂടെ ഒന്ന് എഴുന്നേറ്റ് കിട്ടിയാൽ എനിക്ക് സുഖമായിട്ട് പോകാം അപ്പോ ഭക്തി നല്ലവണ്ണം പ്രബലമായാലോ സ്വയമേവ വൈരാഗ്യം വരും ഇത്തര രാഗവിസ്മാരണം നൃടാം ഗോപസ്ത്രീകൾ പറയുന്നു കൃഷ്ണനോട് രാഗം ഏർപ്പെട്ടപ്പോ ബാക്കിയുള്ളതിനോടൊക്കെ വിരാഗം തനിയ വെറുപ്പ് വന്നു ഒന്നിനോടും പറ്റില്ലാതായി ആസക്തിയില്ലാതായി അപ്പോ ഭക്തി ഏർപ്പെടുകയാണെങ്കിൽ വൈരാഗ്യം വരും വൈരാഗ്യം അല്പമൊന്ന് വന്നാൽ ഭക്തി പ്രബലമാവുകയും ചെയ്യും അപ്പോ ഈ വൈരാഗ്യത്തിനെ പ്രബലപ്പെടുത്താനായിട്ടാണ് ഇവിടെ സർവ സ്വയം പ്രകാശസ്വാമി പറയും കരുണാനിധിയായ സർവേശ്വരൻ ശ്രീപരമേശ്വരൻ തന്നെ ആചാര്യസ്വാമികളായി പ്രകാശിച്ച് വൈരാഗ്യമുണ്ടാവണം എന്ന് പറഞ്ഞ് പാടിയ പാട്ടാണ് ഭജഗോവിന്ദം ഈ ഭജഗോവിന്ദത്തിന് മറ്റൊരു പേര് മോഹമുദ്ഗരം എന്ന് മുദ്ഗരം എന്ന് വെച്ചാൽ ഒലയ്ക്ക മോഹത്തിന്റെ മണ്ടയ്ക്ക് അടിക്കുന്ന ഇരുമ്പൊലയ്ക്കാണ് മോഹത്തിന്റെ മണ്ടയിൽ അടിക്കുന്ന ഇരുമ്പോലക്ക മോഹം മുദ്ഗരം ആചാര്യസ്വാമികൾ ഇന്നലെ നമ്മൾ പറഞ്ഞു കാശിയില് പതിനൊന്നാമത്തെ വയസ്സിൽ കാശിയിൽ വന്നു മഹാ ആശ്ചര്യമാണ് വിവേകാനന്ദ സ്വാമികൾ ഭാരതത്തിനെ കുറിച്ച് പറയുമ്പോ ഭാരതത്തിലെ ആചാര്യന്മാരെ കുറിച്ച് പറയുമ്പോ ശ്രീശങ്കരനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തില് ദോഡ് എറോസ് ഇൻ സൌത്ത് ഇൻ ദ ഫോം ഓഫ് ദാറ്റ് വണ്ടർഫുൾ ബോയ് ശങ്കറ ീശ്വരൻ ദാക്ഷിണാത്യദേശത്തിൽ ഉദിച്ചു എന്നാണ് ആശ്ചര്യപ്രഭാവമായിട്ടുള്ള അത്യാശ്ചര്യപ്രഭാവമായിട്ടുള്ള ശ്രീശങ്കറിന്റെ രൂപത്തിന് ഒന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ പിള്ളേർ പതുക്കെ പതുക്കെ പതുക്കെ തെറ്റി തെറ്റി ഭാഷ പറയാൻ തുടങ്ങുമ്പോഴാണ് വേദങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് എട്ടാമത്തെ ബ്രഹ്മവിദ്യ വേദാന്ത ജ്ഞാനത്തിനായിക്കൊണ്ട് മധ്യപ്രദേശിലേക്ക് നടന്നത് ഗുരുവിനെ അന്വേഷിച്ചു ഗോവിന്ദ ഭഗവത്പാദരെ കാണാനായിക്കൊണ്ട് കാലടിയിൽ നിന്നും മധ്യപ്രദേശിലേക്ക് വയസ്സോ എട്ട് നമ്മുടെ ഓട്ടോയില് കുട്ടികളെ കുത്തി നിറയ്ക്കുന്ന പ്രായം ആ പ്രായത്തിലാണ് മധ്യപ്രദേശിലേക്ക് നടന്നത് അവിടെ ഗോവിന്ദ ഭഗവത്പാദരെ കണ്ടപ്പോ തന്നെ ആചാര്യസ്വാമികൾ കർപ്പൂരം പോലെയാണ് ശ്രീശങ്കരൻ കർപ്പൂരം പോലെയാ വറകുപള്ളി പോലെയല്ല അതുകൊണ്ട് ഗോവിന്ദ ഭഗവത്പാദരെ കണ്ടപ്പോ തന്നെ ഗോവിന്ദഭഗവത്പാദർ കുട്ടിയോട് ചോദിച്ചു അത്രേ ഈ എട്ട് വയസ്സിൽ ഇത്രയധികം ശ്രദ്ധയോടുകൂടെ നടന്നാൽ സത്യം കണ്ടെത്താതിരിക്കോ അവിടെ എത്തുമ്പോഴേക്കും ഗോവിന്ദഭഗത്പാദർ ചോദിച്ചു കുഞ്ഞേ നീ ആരാണ് കസ്വം ബാല മമ ഹൃദിരതി ആനന്ദമൂർച്ച തന്നെ കാണുമ്പോൾ എനിക്ക് ആനന്ദം ഉണ്ടാവുന്നു സന്തോഷമുണ്ടാവുന്നു താൻ ആരാണ് ഉള്ളില് കാണുമ്പോ തന്നെ ശാന്തി ഉണ്ടാവുന്നു താൻ ആരാണ് അപ്പോ ഈ കുട്ടി ശങ്കരൻ മൂന്ന് മാസം നടന്ന് മധ്യപ്രദേശിൽ എത്തിയിട്ടുണ്ട് ആള് ദശശ്ലോകി ചൊല്ലി പത്തു ശ്ലോകം ഒന്ന് ആലോചിക്കണം എട്ടാമത്തെ വയസ്സിൽ ചൊല്ലിയ ഈ ദശശ്ലോകി മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ പത്മപാതർക്ക് ഉപദേശിക്കുന്നു ശങ്കരാചാര്യ സ്വാമികൾ എന്നുവെച്ചാൽ അതിൽ നിന്ന് ഒന്നും ഒന്നും തന്നെ മാറ്റേണ്ടി വന്നിട്ടില്ലാന്ന് അർത്ഥം എട്ടാമത്തെ വയസ്സിൽ ഗോവിന്ദ ഭഗവത്പാദരെ കണ്ടപ്പോ ഗോവിന്ദ ഭഗവത്പാദര് കുഞ്ഞേനി ആരാണ് എന്ന് ചോദിച്ചപ്പോ ചൊല്ലിയ ആ പത്ത് ശ്ലോകം തന്നെയാണ് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ മഹാസമാധിക്ക് മുമ്പ് ഗോവിന്ദ ഭഗവത്പാദർക്ക് ഉപദേശിക്കുന്നത് समूहः नमाता पितावान േന്ദ്രിയാ സമൂഹ അനൈകാതികുഷുക്േക്ക സിദ്ധസ്തേകോവശിഷ്ട ശിവലോഹം നതനദേഷുപോ നിരസ്തൂനയാത്മക തശിഷ്ട ശിവ കിവലോഹം വർണ്ണാശ്രമാചാര ധർമാഹ നാരണാധ്യാനോയോപി അനാത്മാശ്രയോഹം മമാധ്യാസഹാനാത്തദേഗോവശിഷ്ട ശിവ കേവലോഹം നീ ആരാണ് എന്ന് ചോദിച്ചതിനുള്ള ഉത്തരമാണ് അഭിവാദയെ ചൊല്ലിയില്ല അഡ്രസ് ഒന്നും പറഞ്ഞില്ല ൂമി ജലം അഗ്നി വായു ആകാശം എന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായി ഈ ദേഹം ഞാനല്ല ജാഗ്രത സ്വപ്നം സുഷുപ്തി മുതലായ മൂന്ന് അവസ്ഥകളും ഞാനല്ല ഇതിനൊക്കെ സാക്ഷിയായി നിൽക്കുന്ന ശുദ്ധമായ ശിവം പ്രജ്ഞാം ആത്മാവാണ് ഞാൻ എനിക്ക് ജനനമില്ല മരണമില്ല അമ്മയോ അച്ഛനോ ഇല്ല ഞാൻ ആർക്കും അമ്മയോ അച്ഛനോ അല്ല എല്ലാവിധ ഐഡന്റിഫിക്കേഷൻസ് സൂപ്പർ ഇമ്പോസിഷൻസ് അധ്യാസം താനല്ലാത്തത് എന്തൊക്കെ നമ്മൾ തമ്മളുടെ മേലെ കയറ്റി വെച്ചിട്ടുണ്ടോ അതൊക്കെ എടുത്തു കളയ എന്തൊക്കെയല്ലേ അധ്യാസം ആദ്യം ശരീരമാണെന്നുള്ള ഭാവം പിന്നെ ശരീരത്തിൽ പുരുഷനാണ് അല്ലെങ്കിൽ സ്ത്രീ ആണെന്നുള്ള ഭാവം അതില് ബ്രാഹ്മണനാണെന്നൊരു ഭാവം അല്ലെങ്കിൽ നായരാണെന്നൊരു ഭാവം ഈഴവനാണെന്നൊരു ഭാവം ചെട്ടിയാളാണെന്നൊരു ഭാവം എന്നിട്ട് അതിൽ ഇന്ന കാറ്റഗറിയിൽപ്പെട്ട ആളാണെന്നൊരു ഭാവം അതിലും ഹയർ ക്ലാസ് ലോവർ ക്ലാസ് എന്നൊരു ഭാവം അതിലും എത്ര എത്ര എത്ര ഭാവഭേദങ്ങൾ വ്യത്യാസങ്ങൾ ഇതൊക്കെ അതിന് മേലെ കയറ്റിവെച്ചിരിക്കുകയാണേ ഇത് എടുത്തു മാറ്റാതെ എവിടെ നമുക്ക് സ്വാതന്ത്ര്യം വലിയൊരു ലോഡ് തലയിൽ അപ്പോ ഈ ഇതൊക്കെ എടുത്തു മാറ്റലാണ് അധ്യാസ നിരാകരണം ഇതൊന്നും ന ന ഇതൊന്നും ഞാനല്ല ഞാനല്ല ഞാനല്ല എടുത്തുമാറ്റിയാൽ എന്താ യഥാർത്ഥത്തിൽ ഞാൻ എന്താണോ അത് തനിയെ പ്രകാശിക്കും അത് പ്രകാശിപ്പിക്കാൻ ഒന്നും കൊണ്ടുവരേണ്ട താനല്ലാത്തതൊക്കെ മാറ്റിയാൽ മതി ഓരോരുത്തരും കണ്ടെത്തിക്കൊള്ളണം എന്താ ആരോപിച്ചിരിക്കണത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ബ്രാഹ്മണൻ ക്ഷത്രിയെന്നൊന്നുമല്ല ഞാൻ ഇന്ന പാർട്ടിയിൽപ്പെട്ടവനാണെന്നായിരിക്കും അതുകൊണ്ട് ഒരു രാഷ്ട്രീയ കക്ഷിയിലും പെട്ടവനല്ല ഞാന് ആദ്യം നിരൂപണം നിഷേധം അവിടുന്ന് തുടങ്ങണം എല്ലാത്തിനെയും നിഷേധിച്ചു മാറ്റേണ്ടി വരും സകലതും ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈ നിഷേധം ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ശാന്തി നമുക്ക് നമ്മളെ കണ്ടെത്താൻ പറ്റില്ല എന്തൊക്കെയാ തലയിൽ കയറ്റിവെച്ചിരിക്കുന്നത് എത്രയെത്ര അധ്യാസം അപ്പൊ ഇതൊക്കെ നിഷേധിച്ചിട്ടാണ് ശ്രീശങ്കരൻ തന്റെ യഥാർത്ഥ സ്വരൂപം വർണ്ണിച്ചത് അതിനുശേഷം രണ്ടു വർഷക്കാലം ആചാര്യസ്വാമികൾ ഗോവിന്ദ ഭഗവത്പാദരുടെ കൂടെ താമസിച്ചു എന്നിട്ട് അവിടുന്ന് ഗോവിന്ദഭഗവത്പാദരുടെ ആജ്ഞ അനുസരിച്ച് തന്നെ കാശിയിലേക്ക് വന്നു കാശിയിലെ ഗംഗാതീരത്തില് മണികർണിക ഘട്ടത്തിൽ മണികർണികയോട് ആചാര്യസ്വാമികൾക്ക് നല്ല പരിചയം കാണുന്നു മണികർണിക എന്ന് പറഞ്ഞു എട്ട് ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട് അതും വേദാന്തപരം കാശീ പഞ്ചകം അഞ്ച് ശ്ലോകങ്ങൾ കാശി പഞ്ചകം എന്ന് പറഞ്ഞ അഞ്ച് ശ്ലോകങ്ങൾ കാശിയെക്കുറിച്ച് അതായത് നമ്മൾ റിസർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആചാര്യസ്വാമികൾ ഒരു സ്ഥലത്തും പരശുരാമ ക്ഷേത്രത്തിനെ പറഞ്ഞിട്ടില്ല കേരളത്തിനെ കുറിച്ച് ഒരു സ്ഥലത്തും ആചാര്യസ്വാമികൾ തമിഴ്നാട് അത്യാവശ്യം ദ്രാവിഡം എന്ന് എവിടെ ഉണ്ടോ തോന്നുന്നു വേറൊന്നും കാണാനില്ല കാര്യമായിട്ട് പിന്നെ ശ്രീരംഗം ഇതൊക്കെ സ്തുതിയിൽ വരുന്നുണ്ട് അല്പം ഭാഷ്യത്തിലും കൃതികളിലും രണ്ട് സ്ഥലങ്ങളെ ആചാര്യസ്വാമികൾ പറയുന്നുള്ളൂ ഒന്ന് പാട്ടണീപുത്രം രണ്ട് കാശി വാരണസി രണ്ട് ക്ഷേത്രങ്ങളേ ഉള്ളൂ അതിൽ കാശി പഞ്ചകം എന്ന് പറഞ്ഞ അഞ്ച് ശ്ലോകങ്ങൾ കാശിയെക്കുറിച്ച് മാത്രം അഞ്ച് ശ്ലോകങ്ങളിലും കാശി ഉത്തർപ്രദേശിലുള്ള സ്ഥലമാണ് എന്നല്ല സ്തുതി ശി എന്നുള്ള വാക്കിനർത്ഥം പ്രകാശിക്കുന്നത് എന്നാണ് അപ്പൊ കാശി എന്താണ് എന്ന് ചോദിച്ചാൽ ശ്രീശങ്കരൻ ഒരു ഉത്തരമേ ഉള്ളൂ കാശി എന്താണോ ബ്രഹ്മം കാശിയിലേക്ക് എങ്ങനെ പോകാം ഇതെന്ത് ചോദ്യം കൊച്ചിൻ വാരാണസി എക്സ്പ്രസ് വന്ന് ഇവിടുന്ന് കൊച്ചിയിലേക്ക് പോയാൽ വാരണാസിയിലേക്ക് പോയിട്ട് വരാം അങ്ങനെ പോയാൽ കാശിയിൽ എത്തില്ല എന്നാണ് ശ്രീശങ്കറിന്റെ വധം ആചാര്യസ്വാമികൾ പറഞ്ഞ കാശിയിലേക്ക് പോകണമെങ്കിൽ അഞ്ച് പൈസ ചെലവില്ല പുറമേക്ക് ഇങ്ങനെ അലഞ്ഞു നടക്കണ മനസ്സുണ്ടല്ലോ ആ മനസ്സിനെ അകമേക്ക് വിളിക്കാം മനോ നിവൃത്തി പരമോപശാന്തിഹി അപ്പൊ മനസ്സ് ഉപശാന്തമാവും നിശ്വലമാവും എങ്ങനെ വിളിക്കും എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും വിളിക്കണം പറഞ്ഞു പറഞ്ഞ് വിളിക്കണം മനസ്സെ എത്ര കാലമായിട്ട് തെണ്ടിത്തിരിയണു അല്ലേ ലോകത്തിലൊക്കെ അലഞ്ഞു നടന്നുവല്ലോ മനസ്സ് മതി ഇനി അലഞ്ഞതൊക്കെ മതി ഇങ്ങോട്ടും വരൂ സ്വയം ഹൃദയസ്ഥാനത്തിൽ വന്നിരിക്കുന്നു എത്ര ജന്മമായിട്ട് അലഞ്ഞു നടക്കുന്നു എന്തെങ്കിലും തനിക്ക് കിട്ടിയോ തണ്ടി നടന്നിട്ട് യാഗരാജസ്വാമികൾ ചില കീർത്തനങ്ങളിലൊക്കെ മനസ്സിനോട് ചോദിക്കുന്നുണ്ട് മനസ്സേ പണം പണം പണം പണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രേതം പോലെ അലഞ്ഞു നടക്കണമല്ലോ നിധിസാദ സുഖമാ രാമുനി സന്നിധി സേവാ സുഖമാജമുഖ ബന്ധു മനസ്സേ ഹൃദയത്തിലിരിക്കുന്ന ഈ രാമനെ വിട്ട് ഇങ്ങനെ പണത്തിന്റെ പുറകെ അലഞ്ഞു നടക്കുന്നുണ്ടല്ലോ സുഖമുണ്ടോ സ്വയം വിചാരം ചെയ്ത് കണ്ടെത്തുന്നു അങ്ങനെ അറിഞ്ഞു നടക്കുന്ന മനസ്സിനെ അകമേക്ക് വിളിച്ച് നിശ്ചലമാക്കിയ പരമോപശാന്തി ഹീ ശാന്തമാവും ശാന്തമാവുമ്പോൾ നമുക്കൊരു കുളത്തിൽ കുളിച്ചാൽ അല്ലെങ്കിൽ തീർത്ഥക്ഷേത്രത്തിൽ വെള്ളത്തിൽ കുളിച്ചാൽ എന്താ ഒരു ഫ്രഷ് ആയി നമ്മൾ പറയും അല്ലേ പക്ഷെ ആ ഫ്രഷ്നെസ് കുറച്ചുനേരം കഴിഞ്ഞാൽ പോകും പക്ഷെ ഈ മനസ്സ് ഉപശാന്തമായാൽ ഒരു ഫ്രഷ്നസ് വരും ഒരു ഉത്സാഹം അതാണ് തീർത്ഥനാനം എന്നാണ് ആചാര്യസ്വാമികൾ മനസ്സിങ്ങനെ നിശ്ചലമായാൽ ഹൃദയത്തിൽ ഒരു സരസ് സരസ് ധ്യാനമാകുന്ന സരസ് സരസിലെ വെള്ളം നിശ്ചലമായി നിൽക്കുന്ന പോലെ ചിത്തം നിശ്ചലമായി നിന്നാൽ ഹൃദയത്തിലൊരു സരസ് നിത്യാനന്തരസാലയം സുരമുനി സ്വാന്താബുജാതി ആശ്രയം സ്വച്ഛം സദ്വിജ സേവിതം കലുഷഹൃ സദ്വാസനാവിഷ്കൃതം ശംഭുധ്യാന സരോവരം വ്രജ മനോഹംസാവതം സ സ്ഥിരം കിം ക്ഷുദ്രാശ്രയ പലവല ഭ്രമണ സഞ്ജാതശ്രമം പ്രാപ്സി മനസാകുന്ന ഹംസനേ ഓരോരുത്തരെ അങ്ങനെയൊക്കെ വിളിച്ചാലേ ഇഷ്ടമാവുള്ളൂ കംസനെ നോക്കി വസുദേവർ ഭോജവംശത്തിന് പേര് വാങ്ങിച്ചു തന്ന നല്ലവൻ എന്ന് വിളിച്ചു അപ്പോഴാണ് കംസൻ ഒന്ന് കേട്ടത് ഇതുവരെ ആരും വിളിച്ചിട്ടില്ലേ അതുപോലെ നമ്മളുടെ മനസ്സ് കാണിക്കുന്ന കോപ്പിന് അതിനെ ഹംസമേ എന്നാണോ വിളിക്കേണ്ടത് എന്നാലും ഹംസമേ എന്ന് വിളിച്ചു ആചാര്യസ്വാമികൾ എന്താ അങ്ങനെയെങ്കിലും വിളിച്ച് വഴങ്ങിത്തരട്ടെ ഹംസത്തിന് പൊട്ടക്കുളത്തിൽ എന്ത് കാര്യം അല്ലേ ഹംസത്തിന് പൊട്ടക്കുളത്തിൽ എന്ത് കാര്യം മാനസ സരസിലിരിക്കേണ്ടതാണ് ഹംസം അപ്പൊ മാനസ സരസ്സിൽ ഇരിക്കേണ്ട രാജഹംസമേ പൊട്ടക്കുണത്തില് ചളിവെള്ളം കുടിക്കേണ്ട മാനസ സരസ് എവിടെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം നിത്യാനന്ദരസാലയം ഈ മാനസ സരസിൽ വെള്ളമാ ഉള്ളത് ആനന്ദരസം അത് നിറഞ്ഞു തുളുമ്പുന്ന ഒരു സരസ് നിത്യാനന്ദ രസാലയം അവിടെ സുരമുനിസ്വാതാബുജാത് ആശ്രയം ഈ സരസിൽ താമരകളുണ്ട് ഏത് താമരകള് സുരമുനിസ്വ അന്ത അംബുജാത് ആശ്രയം സുരൻ ദേവൻ മുനിന്ന് വെച്ചാൽ ദേവന്മാരും മുനിമാരുടെയും ഹൃദയമാകുന്ന താമരകൾ പൊട്ടിമുളച്ചിട്ടുള്ള സരസ് സുരമുനിസ്വ അന്താബുജാത് ആശ്രയം ചില സരസ്സുകളൊക്കെ ഉണ്ട് കലഞ്ഞി മറിഞ്ഞു കിടക്കും കുളിക്കാൻ തോന്നില്ല ഇതോ സ്വച്ഛം വളരെ നിർമ്മലമായ ജലം സരസുകളിൽ കൊളക്കോഴികളും പക്ഷികളും താറാവും ഒക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ഈ സരസിലെ എന്ത് പക്ഷിയുണ്ട് സദ്വിജ സേവിതം നല്ല ദ്വിജം ദ്വിജം എന്ന് വെച്ചാൽ പക്ഷി എന്നർത്ഥമുണ്ട് ബ്രാഹ്മണർ എന്നർത്ഥമുണ്ട് നല്ല ബ്രാഹ്മണര് തപസ്വികളായിട്ടുള്ള ബ്രാഹ്മണരെ രണ്ടു പ്രാവശ്യം ജനിച്ചവരെന്നാണ് പക്ഷികൾക്ക് രണ്ട് ജനനമാണ് ഒന്ന് മുട്ടയായിട്ടുള്ള ജനനം മുട്ടയിൽ നിന്ന് വിരിഞ്ഞു പുറത്തു വന്നിട്ടുള്ള ജനനം അതുപോലെ ബ്രാഹ്മണർക്കും രണ്ട് ജനനമാണ് ഒന്ന് സാധാരണ ജനനം രണ്ട് പൂണകളിട്ട ശേഷം ഒരു ജനനം അതായത് ജ്ഞാനമുണ്ടായാൽ ഒരു പുതിയ ജനനം ഏറ്റോപവിധ ധാരണത്തോടുകൂടെ ജ്ഞാനം ഉണ്ടാവണം എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ജ്ഞാനമുണ്ടായാൽ പുതിയ ജനനം പഴയ ജനനം പഴയ രൂപം മരിച്ചു ഗാന്തി ശ്രാദ്ധം ഊട്ടിനപ്പുറം താ പൂണൽ പൊട്ടിക്കണം പഴയ രൂപം മരിച്ചു പുതിയ ജനനമാണ് അതുകൊണ്ടാണ് രണ്ടാമത്തെ ജനനം അപ്പൊ സദ്വിജ സേവിത നല്ല ബ്രാഹ്മണർ അവിടെ ഈ ധ്യാനമാവുന്ന സരസിൽ കലുഷഹൃത് സാധാരണ കുളത്തിൽ പോയി കുളിച്ചാൽ ശരീരത്തിലുള്ള ചളിയൊക്കെ പോകും ഈ സരസിലൊന്ന് മുങ്ങിയാലോ ഉള്ളിലുള്ള കലുഷം മുഴുവൻ പോകും കലുഷഹൃത് സദ്വാസനാവിഷ്കൃതം നല്ല താമരയും പൂമ്പൊടിയും ഒക്കെ വിതറിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിച്ചാൽ മണക്കും ചില വെള്ളത്തിൽ കുളിച്ചാൽ നാറും നല്ല സരസ് ആണെങ്കിൽ സുഗന്ധം ഉണ്ടാവും അതുപോലെ ഈ ധ്യാനമാവുന്ന സരസിലൊന്ന് മുങ്ങി എണീറ്റാല് സദ്വാസനാവിഷ്കൃതം നല്ല വാസന ഉണ്ടാവും വാസന എന്നുള്ള കഴിഞ്ഞാൽ സുഗന്ധം ശുഭവാസന ഭക്തി വൈരാഗ്യം ഞാനം തപസ് സർവസമത്വഭാവം മുതലായിട്ടുള്ള സദ്വാസനാവിഷ്കൃതം ശംഭുധ്യാന സരോവരം ശംഭുധ്യാനം പരമേശ്വര ധ്യാനമാകുന്ന സരോവരത്തിലേക്ക് പോകൂ ചെല്ലൂ മനസ്സ് ഹംസാവധംസ സ്ഥിരം കിം ക്ഷുദ്രാശ്രയ പത്വല ഭ്രമണ സഞ്ജാതശ്രമം പ്രാപ്സ്യസി ശുദ്ധ്രമായിട്ടുള്ള ഈ പൊട്ടക്കളത്തിലും കുണത്തിലും ഇവിടെയൊക്കെ എന്തിനാണ് നടക്കണം നല്ല മാനസസരസിലേക്ക് ചെല്ല അപ്പൊ ആ ധ്യാനം ആകുന്ന സരസാണ് മണികർണിക ഘട്ടം ധ്യാനം എവിടെ നടക്കുന്നു അതാണ് ഗംഗാസ്നാനം ഹൃദയത്തിൽ ധ്യാനം ഏർപ്പെട്ടാൽ അവിടെ വിശ്വേശ്വരൻ പ്രകാശിച്ചാൽ ആ ശരീരമേ കാശിക്ഷേത്രം ദേഹോ ദേവാലയപ്രോക്ത ദേഹം തന്നെ കാശിക്ഷേത്രം ശരീരം തന്നെ കാശിക്ഷേത്രം ഹൃദയത്തിലുള്ള മനസ്സ് തന്നെ മണികർണികയാവുന്നു അവിടെ തന്നെ വിശ്വനാഥൻ പ്രകാശിക്കണോ അപ്പോ കാശീത്രത്തില് മണികർണിക സ്നാനം വളരെ പ്രധാനം പുറമേക്കുള്ള കാശിവാസം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് വെച്ചാൽ അകമേക്കുള്ള കാശിയെ കാണാം കാശീപഞ്ചകത്തിൽ ആചാര്യസ്വാമികൾ പറയുന്നു പുറമേക്ക് കാശിയിൽ പോയി വസിച്ചാൽ അകമേക്കുള്ള കാശിയെ കാണാം അകമേയുള്ള കാശിയെ കണ്ടാൽ പുറമേ ഉള്ള കാശിയുടെ മഹത്വം മനസ്സിലാകും എന്നാണ് കാശ്യാം ഹി കാശി കാശീ സർവപ്രകാശിക ഹി കാശികശ്യാംി കാശതേ കാശി കാശിയിൽ പോയി ഇരുന്നാൽ കാശി കാശിക്കും ആണ് എന്നുവെച്ചാൽ കാശി പ്രകാശിക്കും ഉള്ളിലുള്ള കാശി രാമകൃഷ്ണപ്രമവംസർ കാശിയിലേക്ക് ചെന്നു ചെന്നപ്പോ ഗംഗയിൽ ചെല്ലുമ്പോ വാരാണസി ദൂരത്തുനിന്ന് കണ്ടപ്പോ തന്നെ കാശി പട്ടണം വാരാണസി ഘട്ടം അസീവരുണയോർ മധ്യേ പഞ്ചക്രോശം അതാണ് വാരാണസി അസി നദിക്കും വരുണാനദിക്കും നടുവിലുള്ള ഘട്ടം ദൂരത്തുനിന്ന് അത് കണ്ട ഉടനെ രാമകൃഷ്ണ പരമവംസർ എഴുന്നേറ്റ നിന്ന് സമാധിസ്ഥനായി എന്നാണ് ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ചപ്പോ പറഞ്ഞു എനിക്ക് കാശീക്ഷേത്രം മുഴുവൻ സ്വർണമയമായിട്ട് ഞാൻ കണ്ടു അവിടെ മണികർണിക ഘട്ടത്തില് ശരീരത്തിനെ വെച്ച് എരിച്ചുകൊണ്ടിരിക്കുമ്പോ ശ്രീ പരമേശ്വരൻ ഓരോ ജീവന്റെയും ചെവിയിലെ താരകമന്ത്രം ഉപദേശിക്കുന്നത് ഞാൻ കണ്ടു അത് ജ്ഞാനികളുടെ ദർശനം നമുക്ക് പോയാൽ അയ്യേ കാശിയൊക്കെ വളരെ ഡർത്തിയായിട്ടിരിക്കുന്നു ഗംഗയിലെ ഡിച്ച് വാട്ടർ വന്ന് വീഴുന്നുണ്ട് എല്ലായിടത്തും വൃത്തികേട് തട്ടിപ്പറി നമ്മളുടെ ഉള്ളിലുള്ളതേ നമ്മൾ പുറത്ത് കാണുക അപ്പോ കാശിക്ഷേത്രത്തിലേക്ക് പോയിട്ട് എന്ത് കാര്യം എന്തിനു പോണം വൃത്തിയായിട്ട് ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നാ മതിന പോയിട്ട് ഈ വൃത്തികയുടെ അവിടെ പോയി കാണണ്ട കാശി കണ്ണാടിയാൽ നമ്മൾ എന്തുണ്ടോ അതൊക്കെ കാണും അപ്പോ കാശി ക്ഷേത്രത്തിൽ കുളിച്ചിട്ട് വരുമ്പോ സർവപ്രകാശികയാണ് കാശീന എന്നുവെച്ചാൽ നമ്മൾക്ക് ബ്രഹ്മതത്വം പ്രകാശിപ്പിച്ചു തരും വിശ്വനാഥൻ അതോടൊപ്പം ജ്ഞാനപ്രകാശം ഉണ്ടാക്കിത്തരും പല വിധത്തിലും നമുക്ക് സത്സംഗം പ്രയോജനത്തിന് തരും കാശിവാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാശിയിൽ പോയി കച്ചവടം നടത്തലല്ല സത്സംഗം മഹാത്മാക്കളുടെ സാധുക്കളുടെ സംഘം കിട്ടുന്നത് മഹത്വം അപ്പൊ അവിടെ ആചാര്യസ്വാമികൾ ഒരു ദിവസം കാശി ക്ഷേത്രത്തില് പണ്ഡിതന്മാരുടെ സ്ഥലമായതുകൊണ്ട് അവിടെ വെച്ച് കണ്ടു ഈ പണ്ഡിതൻ ദുക്രിന്യകരണയെ ദുക്രിന്യകരണയോ കാടാപ്പാടം വ്യാകരണത്തിന് വ്യാകരണം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ ആചാര്യസ്വാമികൾക്ക് ദുഃഖം തോന്നിയില്ല വ്യാകരണം പഠിക്കുന്നത് കണ്ട് ദുഃഖം തോന്നണോ വ്യാകരണം വേദത്തിനെ അറിയണമെങ്കിൽ വ്യാകരണം വേണം എന്നുള്ളത് കൊണ്ട് വേദസ്യവേദ പക്ഷേ വേദം തന്നെ വേദം തന്നെ എന്തിനു വേദത്തിന്റെ ഉദ്ദേശം എന്താ ആത്മസാക്ഷാത്കാരം ഉണ്ടാക്കിത്തരാനായിട്ട് നാരദ മഹർഷി ശാന്ത്യോപനിഷത്തിൽ സനത്കുമാറിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നു സനത്കുമാര മഹർഷിയോട് ശ്രീനാരദൻ പറഞ്ഞു ഏട്ടനാണ് സനത്കുമാർ ബ്രഹ്മാവിന്റെ മാനസപുത്രൻ സനത്കുമാരനോട് പറഞ്ഞു ഞാന് ഋഗ്വേദം പഠിച്ചു യജുർവേദം പഠിച്ചു സാമവേദം പഠിച്ചു അഥർവവേദം പഠിച്ചു ശിക്ഷ കൽപ്പം വ്യാകരണം നിരുത്തം ഛന്തസ് ജ്യോതിഷം ഇത്രയും പഠിച്ചു പിന്നെ ഇതിഹാസ പുരാണങ്ങള് സംഗീതം നൃത്തം അനേക വിദ്യകൾ ഇതൊക്കെ പിടിച്ചു എന്നിട്ടും എനിക്ക് ശാന്തിയില്ല ഞാൻ ഇത്രയും പഠിച്ചിട്ട് എന്താ ശാന്തി ഉണ്ടാവാത്ത സനത്കുമാരൻ പറഞ്ഞു നിങ്ങൾ പഠിച്ചതൊക്കെ വെറും നാമം മാത്രമാണ് എന്നുവെച്ചാൽ ശബ്ദം ഇത്രയും പഠനം ഇന്നത്തെ കാലത്ത് നമുക്കൊരു ടേപ്പ് റെക്കോർഡർ കൊണ്ടോ കമ്പ്യൂട്ടർ കൊണ്ടോ നടക്കും അല്ലെ ശബ്ദമാത്രമുള്ള ഗ്രഹണം ശബ്ദഗ്രഹണ യന്ത്രമായിട്ട് തീരാനല്ലോ ഉദ്ദേശം ഈ പഠിച്ചതൊന്നും ബുദ്ധിയിലും മനസ്സിലും മാത്രം നിൽക്കുകയാണെങ്കിൽ ഡോക്ടർ രാധാകൃഷ്ണൻ ലോകത്തിനെ തന്റെ ബുദ്ധിശക്തി കൊണ്ടും അറിവ് കൊണ്ടും പിടിച്ചു കുലിക്കിയ നല്ല മനുഷ്യനുമാണ്